സത്യനിഷേധികൾ പറഞ്ഞു അന്ത്യനാൾ ഞങ്ങളുടെ അടുക്കൽ വരികയില്ല പറയുക എന്റെ രക്ഷിതാവ് തന്നെ സത്യം അത് തീർച്ചയായും നിങ്ങളുടെ അടുക്കൽ വന്നെത്തും അവൻ അദൃശ്യകാര്യങ്ങൾ അറിയുന്നവനാണ് ആകാശങ്ങളിലും ഭൂമിയിലും ഒരണുത്തൂക്കം പോലും അവനിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല അതിനേക്കാൾ ചെറുതോ വലുതോ ആയ യാതൊന്നും വ്യക്തമായ ഒരു ഗ്രന്ഥത്തിലല്ലാതെ അവനിൽ നിന്ന് മറിഞ്ഞിരിക്കുകയില്ല